വിശ്വാസികളെ നിങ്ങൾ സമ്പാദിച്ച നല്ല വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കുവേണ്ടി നാം പുറപ്പെടുവിച്ചതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുവിൻ അതിൽ നിന്നും മോശമായത് തെരഞ്ഞെടുത്ത് നിങ്ങൾ ചിലവഴിക്കരുത് നിങ്ങളത് കണ്ണടച്ച് കാണാതെ പോയാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ അള്ളാഹുസ്ബഹാനഹൂവത്ത ആല ഐശ്വര്യവാനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങളറിയുക